ബഹർ നിർഗ് കണ്ണ് കണ്ണെന്ന് ഗോളകങ്ങൾ കൃഷ്ണമണി അവിടെ ചേർന്ന ഭാഗം അതിൽ നിന്ന് ബഹർ നിർഗത്തേക്ക് നിർഗമിക്കുന്നതായ അത്യച്ച അതിസ്വച്ഛമായ വളരെ സ്വച്ഛമായിരിക്കുന്ന വളരെ ശുദ്ധമായിരിക്കുന്ന നയനരശ്മി അങ്ങനെ പുറത്തേക്ക് നിർഗമിക്കുന്ന എന്താണ് നയനരശ്മി എന്ന് വെച്ചാൽ ചക്ഷുന്ദ്രിയം ചുരിന്ദ്രിയം എന്ന് പറയുന്നത് അതിസൂക്ഷ്മ ഭൂതങ്ങളിൽ നിന്നുണ്ടായത് സാത്വികവുമാണ് അത് അനേക അവയവങ്ങളോട് കൂടിയതാണ് അതിന് സൂര്യന്റെ പ്രകാശം പോലെ തന്നെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റും ടോർച്ചടിക്കുമ്പോഴത്തും സിദ്ധാന്തങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു അങ്ങനെയുള്ള നയനരശ്മി പുറത്തേക്ക് പോകുമ്പോൾ ആ നയനരശ്മി സംപൃക്തം ആ നയനരശ്മികളിൽ ഈ പറയുന്ന എന്താണ് ചക്ഷേന്ദ്രിയ സംതൃപ്തമായിരിക്കുന്നു സംയുക്തമായിരിക്കുന്നു എന്ത് പിത്തദ്രവ്യം കാരണം ഉള്ളിൽ പിത്തമുണ്ടല്ലോ ഇപ്പൊ ചക്ഷുന്ദ്രിയങ്ങനെ കളിലൂടെ ടോർച്ചടിക്കുമ്പോൾ പുറത്തേക്ക് പോകുമ്പം അതിൽ ഒട്ടിയിരിക്കും എന്താണ് പിത്തദ്രവ്യം പിത്തം എന്ന് പറയുന്ന ആ ദോഷം വേണം സംതൃക്തമായിരിക്കുന്നത് എന്താണോ സംതൃപ്തമായിരിക്കുന്ന എന്താണോ എന്താണ് സംതൃപ്തമായിരിക്കുന്നത് ഇത്തരത്തിലും എവിടെ സംതൃപ്തമായിരിക്കുന്നു പുറത്തേക്ക് വ്യാപിക്കുന്ന ചക്ഷേന്ത്യത്തിലും ാണെന്തു പിത്തദ്രവ്യം ആ പിത്തദ്രവ്യ വർദ്ധനയും പിത്തതം ആ പിത്തദ്രവ്യത്തിൽ എന്തിരിക്കുന്നു മഞ്ഞ നിറം അപ്പോ ചക്ഷിതേന്ദ്രിയം പുറത്തേക്ക് പോകുന്നു അത് ശുദ്ധവും സാത്വികവുമാണ് അതില് പറ്റിയിരിക്കുന്നതാണെന്ത് പിത്തം ആ പിത്തത്തിൽ എന്തിരിക്കുന്നു ഏ പിത്തത്തെ ചക്ഷുരേന്ദ്രയിരിക്കും പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നു പിത്തത്തിലിരിക്കുന്നു മഞ്ഞ നിറം കാരണം പിത്തത്തിന്റെ നിറം മഞ്ഞ മഞ്ഞയാണ് ഇപ്പോ കണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ചക്ഷുരേന്ദ്രീയം ആ ചക്ഷുരേന്ദ്രിയന്തിരിക്കുന്നു പിത്തത്തിലെന്തിരിക്കുന്നു മഞ്ഞ നിറം പിത്തൻ ദ്രവ്യവും മഞ്ഞ ഗുണവുമാണ് അപ്പോ ദ്രവ്യത്തിൽ ഗുണമിരിക്കും അതീ പറഞ്ഞ എന്റെ അർത്ഥം ബഹുറനിർഗ നയനരശ്മി സംഭൃത്ത പിത്തദ്രവ്യ വർത്തനീം പീതതാം ആ മഞ്ഞ നിറത്തെയാണ് കാണുന്നത് ശങ്കരയ്ക്ക് നോക്കുമ്പോൾ ഗുരുവം കാണുന്ന എന്താണ് മഞ്ഞ നിറത്ത് പക്ഷെ മഞ്ഞ നിറത്തെ കാണുമ്പോൾ തന്നെ അവൻ കാണാത്ത ഒരു സാധനം അവിടെയുണ്ട് എന്താണ് പിത്തം അങ്കിലേക്ക് നോക്കുമ്പോൾ അവൻ പിത്തത്തെ കാണുന്നില്ല മഞ്ഞ നിറത്തെ കാണും പിത്തത്തെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പിത്തത്തെ കണ്ടു കഴിഞ്ഞാൽ അവൻ മനസ്സിലാക്കും ഈ മഞ്ഞ നിറത്തിലുള്ള പിത്തമെന്ന് മനസ്സിലാക്കും ശങ്കവും തന്നെ മനസ്സിലാക്കും മഞ്ഞ നിറത്തിൽ തന്റെ ഉമ്മി എന്താണ് പിത്തമാണെന്ന് മനസ്സിലാക്കും പക്ഷെ മഞ്ഞ കാണണം പിത്തം കാണാൻ പാടില്ല അപ്പോ എന്ത് ചെയ്യുന്നു ദ്രവ്യവർത്തനയും പീതതാം അനുഭവൻ എന്ന് അന്വേഷിക്കുന്നു പീതതാന്ന് വെച്ചാൽ പീതത്വം പീതവർണം പീതം നടത്തി അവൻ അനുഭവിക്കുന്നു പക്ഷെ എന്തിനാ അനുഭവിക്കുന്നില്ല പിത്തരഹിതാം പിത്തദ്രവ്യത്തെ കൂടാതെ പിത്തരഹിതമായ പീതവർണ്ണത്തെ അനുഭവിക്കുന്നു സാറിന് നമ്മളൊരു വസ്തുവിനെ കാണുമ്പം വെളുത്ത മുണ്ട് അപ്പൊ വെളുത്ത നിറവും കാണും മുണ്ടും കാണും നിറത്തോടു കൂടിയ മുണ്ടിനും ദ്രവ്യത്തെയും അറിയുന്നു ഗുണത്തെയും ഇവിടെ ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവനെ എന്താ സംഭവിക്കുന്നത് അപ്പം മഞ്ഞ നിറത്ത് കാണുന്നുള്ളൂ എന്തിനും കാണുന്നില്ല പിത്തം എന്ന് പറയുന്നൊരു ഒരു ദ്രവ്യമാണ് ഒരു വസ്തുവാണ് അത് പുറത്തേക്ക് വരികയാണ് അതിനെ കാണുന്നത് അതാണ് എന്ന് വെച്ചാൽ എന്താണ് എങ്ങനെയാണ് ശംഖിനെ മഞ്ഞയായി കാണുന്നതിന് പഴയ വ്യാഖ്യാനമാണ് പണ്ട് ഇവര് ധരിച്ചിരുന്ന സിദ്ധാന്തമാണ് മനസ്സിലാക്കേണ്ടത് അത് അറിഞ്ഞിരിക്കണം പക്ഷെ പണ്ട് ധരിച്ചെന്ന് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത്രേ ഉള്ളൂ പല കാര്യങ്ങളും അങ്ങനെയാണ് പണ്ടെങ്ങനെ ധരിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാനേതാം അനുഭവൻ അവിടെ ചേർക്കണം പിത്തരഹിതാം പീതതാം അനുഭവൻ പിത്തരഹിത അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ് പിത്തരഹിതാം പിതതാ അനുഭവം എന്നുള്ള ഞാൻ എന്താ അർത്ഥം പറഞ്ഞു ഏ പിത്ത ദ്രവ്യത്തെ കൂടാതെ ആ പിത്ത ദ്രവ്യത്തിലിരിക്കുന്ന പീതതെ മാത്രം കാണുന്നു സാറിനെങ്ങനെ കാണത്തില്ല സാറിനെ ഗുണത്തെ കണ്ട് ധ്രുവീയത്തെയും കാണുകയു ഗുണവിശിഷ്ടമായ ധ്രുവീയത്തെ കാണുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു ധ്രുവീയത്തെ കാണുന്നില്ല ഇത് ഭ്രാന്തി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിത്ത ഏതാം അനുഭവം അപ്പൊ നിറം ഇനി ോഷാച്ഛാദിത ശുക്ലിമാനം ശുക്ലിമാനം അനുഭവൻ ശങ്കിനെ അവൻ കാണുന്നുണ്ട് മുമ്പിലേക്ക് നോക്കുമ്പം അവൻ എങ്ങനെ കാണുന്നു പക്ഷെ ശങ്കിനെ എങ്ങനെ കാണുന്നു ശങ്കനം കാണുന്നത് ോഷം കൊണ്ട് വെളുപ്പ് മറഞ്ഞു പോയ സങ്കിനെ കാണും ദോഷം കൊണ്ട് വെളുപ്പെന്ത്തു മറഞ്ഞുപോയി വിഭ്രമല്ലോ അതുകൊണ്ട് ഇപ്പൊ രണ്ടിടത്തും വിപരീതമാണ് സംഭവിക്കുന്നത് സാധാരണ വെളുത്ത മുന്നിനെ കണ്ട വെളുത്ത നിറമുള്ള മുന്നിനെ കാണും ഇവിടെ അങ്ങനെയല്ല സങ്കിനെ കാണുന്നു ഗുണത്തെ കാണുന്നില്ല എന്താണ് അവിടുത്തെ ഗുണം പീതോർക്കും ളുത്തം നിറത്തെ കാണുന്നുണ്ട് ശങ്കിനെ കാണുന്നുണ്ട് പിന്നെ പിത്തത്തിൽ എന്താ കാണുന്നത് ഉം എന്തു കാണുന്നുണ്ടിത്തം പുറത്തു വന്നു ശംഖ അവിടെ കിടപ്പുണ്ട് ിത്തം പുറത്തു വന്ന് ശംഖ ഇവിടെ കിടപ്പുണ്ട് ഇപ്പൊ എന്തെയ്യുന്നു പിത്ത ദ്രവ്യത്തെ കാണുന്നില്ല മഞ്ഞ നിറത്തെ കാണുന്നു ശംഖവടെ കിടപ്പുണ്ട് ശംഖിന്റെ വിളപ്പിനെ കാണുന്നില്ല ശംഖദ്രവ്യത്തെ കാണുന്നു ഒരിടത്ത് ദ്രവ്യത്തെ കാണുന്നില്ല ഗുണത്തെ കാണുന്നു ഒരിടത്ത് ഗുണത്തെ കാണുന്നില്ല ദ്രവ്യത്തെ കാണുന്നു എന്ന് വെച്ചാ ഇവിടെ രണ്ടു വസ്തുക്കളെ ഒരു ദ്രവ്യത്തെയും മറ്റൊരു ഗുണത്തെയും കാണുന്നു ഏത് ദ്രവ്യത്തെയാണ് കാണുന്നത് ഏത് ഗുണത്തെയാണ് കാണുന്നത് ഇത് വർണ്ണം ഏത് ദ്രവ്യത്തെയാണ് കാണാത്തത് ഏത് ഗുണത്തെയാണ് കാണാത്തത് ശുക്ലവർണ്ണം വെളുത്തോട് പറയുന്നത് സംഘംചോഷാദിത ദോഷം കൊണ്ട് മറഞ്ഞുപോയ അത് സംഘത്തിന്റെ വിശേഷമോ ദോഷാച്ഛാദിത സംഘം അനുഭവം ദോഷാച്ഛാദിത ശുക്ലിമാനം അനുഭവാഛാദിത ശുക്ലിമാനമെന്ന ദോഷം കൊണ്ട് വെളുപ്പ് മറിഞ്ഞുപോയ ശങ്കിനെ കാണുന്നു ഇത്തിരി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു തപനീയ പിണ്ടം ൗദൃഷ്ട്ടം സമ്യീതംഗ അഅ അസംബന്ധ്ര അസംബന്ധ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാകും നമ്മുടെ ഒരു ഉദാഹരണം പറയുന്നു പീതം തപനീയ പിണ്ടം തപനീയ പിണ്ഡം എന്ന് വെച്ചാൽ സ്വർണ പിണ്ഡം സ്വർണ പിണ്ഡം എന്ന് വെച്ചാൽ സ്വർണ കഷൺ സ്വർണത്തിന്റെ നിറം എന്താണ് ഒരാൾ സ്വർണത്തെ കാണുകയാണ് അപ്പം അവിടെ സ്വർണമെന്ന് പറയുന്ന ദ്രവ്യത്തിൽ മഞ്ഞ എന്ന് പറയുന്ന ഗുണമുണ്ട് പീതഗുണമുണ്ട് ആ ഗുണവിശിഷ്ടമായ ആ സ്വർണത്തെ നമ്മൾ കാണുന്നത് മഞ്ഞ നിറമുള്ള സ്വർണം പീതവിശിഷ്ടമായ സ്വർണ്ണമെന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമുള്ള സ്വർണം അതാണ് കാണുന്നത് അപ്പോൾ സ്വർണം കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ മഞ്ഞ നിറത്തിന് സ്വർണത്തിനുമായിട്ടൊരു ബന്ധമുണ്ട് കാരണം മഞ്ഞം എന്ന് പറയുന്നത് ഗുണവും സ്വർണം ദ്രവ്യവുമാണ് അത് താർക്കികന്മാർ പറയും ആ മഞ്ഞ നിറത്തിന് സ്വർണമെന്ന് പറയുന്ന ദ്രവ്യത്തോടെ എന്ത് സംബന്ധമുണ്ടെന്ന് പറയും അതും മഞ്ഞ നിറം ഗുണമായതുകൊണ്ട് ദ്രവ്യത്തിൽ സമവായ സംബന്ധത്തിരിക്കുന്നു അധ്യതകൾ പറയും ആ ഗുണം സ്വർണമാകുന്ന ദ്രവ്യത്തിൽ താതാത്മ്യ സംബന്ധത്തിരിക്കുന്നുണ്ട് എന്തുവായിക്കോട്ടെ സ്വർണത്തിൽ മഞ്ഞ നിറം ഇരിക്കുന്നു എന്നുവെച്ചാ മഞ്ഞ നിറത്തിന് സ്വർണത്തോട് സംബന്ധമുണ്ട് ഒരു കഷ്ണം സ്വർണം എടുത്തുകഴിഞ്ഞാൽ ആ സ്വർണത്തിന്റെ മഞ്ഞ നിറത്തിന് സ്വർണത്തോട് സംബന്ധത്തിന് പറയുന്ന പേരാണ് സംസർഗം അപ്പൊ നമ്മള് മഞ്ഞസ്വർണം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മള് മഞ്ഞ നിറത്തിന് സ്വർണത്തോടുള്ള ആ സംബന്ധത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാണ് എങ്ങനെയാ ഈ സ്വർണത്തിൽ മഞ്ഞ നിറം താതാത്മ്യത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അപ്പൊ സ്വർണത്തെ കാണുമ്പം മഞ്ഞക്ക് സ്വർണത്തോടുള്ള സംസർഗത്തെ ഒരാള് ഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം സ്വർണ്ണ കഷ്ണം കാണുമ്പോ മഞ്ഞ നിറത്തിന് ആ സ്വർണത്തോടുള്ള സംസർഗത്തെ ഒരാൾ ഗ്രഹിക്കുന്നു ഇല്ലയോ ഏ ഗ്രഹിക്കുന്നു അപ്പൊ അവിടെ സംസർഗ്രഹമുണ്ട് സംസർഗ പക്ഷെ അങ്ങനെ പറയത്തില്ല ഇത് പ്രാഭാകരന്മാരുടെ ഒരു ഇതേ ആശയം തന്നെ സംസ്കൃതത്തെ ഗ്രഹിക്കുന്നു എന്നു പറയുന്നത് അതേ അർത്ഥം തന്നെ കിട്ടും എങ്ങനെ പറഞ്ഞാല് ഇപ്പൊ വേറെ ചോദിക്കും ചോദ്യം ചോദിക്കുകയാണ് ആദ്യത്തെ ചോദ്യം എന്താണ് ആ മഞ്ഞ നിറത്തിന് സ്വർണത്തോടുള്ള സംസ്കൃതത്തെ അത് കാണുമ്പോൾ ഒരാൾ മനസ്സിലാക്കുന്നുണ്ടോ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും പറഞ്ഞാൽ സംസ്കൃതത്തെ അപ്പൊ ഇതിന് വേറെ എങ്ങനെ ചോദിക്കാം ആ മഞ്ഞ നിറത്തിന് ആ സ്വർണത്തോടുള്ള അസംസർഗത്തെ എന്നുവെച്ചാൽ സംസർഗം ഇല്ലായ്മേ ഗ്രഹിക്കുന്നുണ്ടാവും അപ്പൊ അതിനെന്തു പറയും അസംസർഗ ആഗ്രഹം സംസർഗമില്ലായ്മ ഗ്രഹിക്കുന്നില്ല അങ്ങനെയും പറയാനുള്ളൂ ഇപ്പൊ രണ്ടു തരത്തിൽ പറഞ്ഞൊരു അർത്ഥം ഒന്നെന്താണ് സംസർഗത്തെ ഗ്രഹിക്കുന്നു രണ്ടാമതെന്താ പറയുന്നത് ഗ്രഹം എന്ന് വെച്ച അസംസർഗത്തെ ഉഗ്രിക്കുന്നില്ല രണ്ടോന്നണത്തിന്റെ കാര്യത്തിൽ ആദ്യം തീരുമാനിക്കണം ഇത് കൃത്യമായി മനസ്സിലാക്കണം ആദ്യം കേൾക്കുന്നൂറ് മനസ്സിലാക്കാൻ പ്രയാസമാണ് മഞ്ഞ നിറത്തിന് സ്വർണത്തോട് സംസർഗമുണ്ടോ ഇല്ലയോ സംസർഗമുണ്ട് ആ സംസർഗത്തെ മഞ്ഞ സ്വർണത്തെ കാണുന്ന ആള് ഗ്രഹിക്കുന്നുണ്ടോ അപ്പൊ സംസർഗ്രഹമുണ്ട് എനി ചോദിക്കുകയാണ് ആ മഞ്ഞ നിറത്തിന് സ്വർണവുമായിട്ട് അസംസർഗം ഉണ്ടാവും അപ്പൊ അസംസർഗാഗ്രഹമുണ്ട് അപ്പൊ സംസർഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും അസംസർഗ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് അവിടെ ശരിയായി ഇനി ശംഖലാക്കി വരണം ശംഖിനെ മഞ്ഞപ്പിത്തം പിടിച്ചാണ് മഞ്ഞയായിട്ട് കാണുന്നത് അപ്പോ ചോദിക്കുകയാണ് മഞ്ഞ നിറത്തിന് ആ ശംഖുവായിട്ട് സംസർഗമുണ്ടോ ഏ മഞ്ഞ നിറത്തിന് ഏതുമായിട്ടാണ് സംസർഗമുള്ളത് പിത്തുമായിട്ടാണ് ശംഖുവായിട്ടുള്ളത് അപ്പൊ മഞ്ഞ നിറത്തിന് ശംഖുവായിട്ട് സംസാർക്കമില്ല കാരണം അത് വെളുപ്പാണല്ലോ മഞ്ഞ നിറത്തിന് ശംഖുവായിട്ട് സംസർഗം ഇല്ല അതാണ് വാസ്തവത്തെയോടെ സംഭവിക്കുന്നത് മഞ്ഞ നിറത്തിന് ശംഖുവായിട്ട് ഒരു ബന്ധമില്ല പക്ഷെ കാണുന്നയാളെന്ത് എങ്ങനെ കാണുന്നു മഞ്ഞ ആയ ശങ്കന്ന് കാണുന്നു കാണുന്നയാള് മഞ്ഞശംഖ് എന്ന് കാണുന്നു അപ്പോ അവിടെ ചിന്തിക്കേണ്ടത് ഈ മഞ്ഞ നിറത്തിന് ശംഖുമായിട്ട് സംസർഗമാണോ അസംസർഗമാണോ ഏ മഞ്ഞ നിറത്തിന് ശംഖുമായിട്ട് സംബന്ധമുണ്ടോ അതോ സംബന്ധമില്ലേ അപ്പോ മഞ്ഞ നിറത്തിൽ ശംഖുമായിട്ട് അസംസർഗമാണ് എന്നുവെച്ചാൽ സംസർഗമില്ല ഇല്ലല്ലോ അസംസർഗമാണെങ്കിലും അയാൾ ശംഖരെ എങ്ങനെ കാണുന്നു മഞ്ഞയായിട്ട് അതെന്തുകൊണ്ടാണ് കാരണം മഞ്ഞ നിറത്തിന് ശംഖുവായിട്ട് സംസർഗമില്ല എന്ന് പറഞ്ഞാൽ അസംസർഗമാണ് പക്ഷെ അയാൾ കാണുന്ന എങ്ങനെ മഞ്ഞയായിട്ട് അപ്പൊ അവിടെ ഈ കാണുന്ന വ്യക്തിക്ക് വാസ്തവത്തിലവിടെ മഞ്ഞക്ക് ശംഖുമായിട്ട് സംസർഗമില്ല അസംസർഗമാണുള്ളത് ആ അസംസർഗത്തിന്റെ ജ്ഞാനമായ കൊണ്ട ഇല്ല അപ്പവിടെ എന്തുകൊണ്ട് അസംസർഗ ആഗ്രഹമുണ്ട് രണ്ടിടത്ത് രണ്ടാണ് സംഗതി സ്വർണ്ണഖണ്ഠത്തിൽ മഞ്ഞ ഉണ്ട് പക്ഷെ അവിടെ അസംസർഗ ആഗ്രഹമുണ്ട് ശങ്കില് മഞ്ഞ ഇല്ല അവിടെ എന്തുണ്ട് അസംസർഗാഗ്രഹം ഉണ്ട് രണ്ടിടത്തും തുല്യമാക്കി ഇത് പ്രഭാകരന്റെ വ്യക്തിയാണ് അസംസർഗ ആഗ്രഹം ഒരിടത്തെന്താണ് അസംസർഗ ആഗ്രഹം വരാൻ എന്താ കാരണം സ്വർണത്തിൽ അസംസർഗ ആഗ്രഹം കാരണം അവിടെ മഞ്ഞ ഉണ്ടെന്നുള്ള സംസർഗമുണ്ട് അവിടെ മഞ്ഞയ്ക്ക് സ്വർണമായിട്ട് സംസർഗം ഉണ്ട് അതുകൊണ്ട് അസംസർഗത്തെ അറിയുന്നില്ല അറിയുന്നില്ലെന്ന് വെച്ചാൽ അഗ്രഹം അപ്പൊ അവിടെ എന്ത് ചെയ്തു സ്വർണത്തിൽ അസംസർഗ അഗ്രഹം ഉണ്ട് അപ്പൊ മഞ്ഞയ്ക്ക് ദ്രവ്യവുമായിട്ട് സംസർഗം ഉണ്ടായാലും എന്തുവരും എന്താഗ്രഹം അസംസർഗ ആഗ്രഹം ഇനി മഞ്ഞയ്ക്ക് ശംഖുമായിട്ട് സംസർഗമേ ഇല്ല മഞ്ഞയ്ക്ക് ശംഖുവായിട്ട് സംസർഗം ഇല്ല അതുകൊണ്ട് അവിടെയെന്നുണ്ട് അസംസർഗം ഉണ്ട് അസംസർഗമുള്ളപ്പോ എന്താ സംഭവിക്കുന്നത് അവിടെ വ്യത്യാസം വരുന്ന അയാളുടെ അറിവിലാണ് മഞ്ഞക്ക് ശംഖുവായിട്ട് സംസർഗം ഇല്ലാത്തോണ്ട് അവിടെ അസംസർഗമുണ്ട് അടുത്ത ചോദ്യം വരുന്ന ആ അസംസർഗത്തെ അയാൾ ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ അസംസർഗത്തെ മഞ്ഞക്ക് ശംഖുവായിട്ട് ദന്തമില്ല എന്ന് പിത്തം പിടിച്ചവൻ ഗ്രഹിക്കുന്നുണ്ടാകും അപ്പൊ അവിടെ അസംസർഗാഗ്രഹം ഇപ്പൊ സംസർഗം ഉള്ളിടത്തും എന്തുവന്നു അസംസർഗാഗ്രഹം സംസർഗം ഇല്ലാത്തടത്തും എന്ത് വന്നു അസംസർഗാഗ്രഹം രണ്ടിടത്ത് രണ്ട് സംഗതിയാണ് പക്ഷെ ഇവിടെ രണ്ടിടത്ത് തമ്മിൽ സാദൃശ്യം വരുന്ന ഇങ്ങനെയാണ് കാരണം ബ്രഹ്മത്തിന് സാദൃശ്യം വേണം അപ്പം ീതശങ്ക എന്നുള്ള മഞ്ഞശങ്ക എന്നൊരു ഭ്രമം വരണമെങ്കിൽ അവിടെ ഒരു സാദൃശ്യം വരണം അതെന്ത് സാദൃശ്യം യഥാർത്ഥമായി സ്വർണത്തെ കണ്ടപ്പോ മഞ്ഞസ്വർണം എന്ന് പറഞ്ഞ യഥാർത്ഥ അനുഭവമായിട്ട് എന്തിനു സാദൃശ്യം വരണം അതെങ്ങനെ സാദൃശ്യം വരും കാരണം അവിടെ മഞ്ഞ ഉള്ളതുകൊണ്ട് കാണുന്നു ഇവിടെ മഞ്ഞ ഇല്ലാതെ കാണുന്നു അപ്പൊ എങ്ങനെ രണ്ട് പലസ്യം സ്വർണ്ണത്തിൽ മഞ്ഞ ഉള്ളതുകൊണ്ട് കാണുന്നു ശങ്കില് മഞ്ഞ ഇല്ലാത്തത് കൊണ്ട് കാണുന്നു ഇത് രണ്ടും ഒരുപോലെയാണെന്ന് എങ്ങനെ പറയും ഒരിടത്തും ഉള്ളതുകൊണ്ടല്ലേ കാണുന്നു ഇവിടെ ശങ്കില് ഇല്ലാത്തത് കൊണ്ടല്ലേ കാണുന്നത് ഇപ്പൊ രണ്ടും ഒരുപോലെ എങ്ങനെയാവും പറയുന്നതിനെ ഒരുപോലെ ആക്കുന്ന വിറ്റിയാണ് അസംസർക്ക് ആഗ്രഹം ഇനി നോക്കേണ്ടത് എന്താണ് സ്വർണത്തിൽ അസംസർക്ക് ആഗ്രഹം ഉണ്ടോ ഉണ്ടാ പിന്നെ ശംഖിൽ അസംസർഗാഗ്രഹമുണ്ടോ ഉണ്ട് എന്നുവെച്ചാൽ രണ്ടിടത്തും നിഷേധത്തിലൂടെയാണ് സമന്വയിക്കുന്നത് സംസർഗത്തിന് നിഷേധിക്കുന്നതാണ് അസംസർഗം ഗ്രഹത്തെ നിഷേധിക്കുന്നതാണെന്ത് സംസാർഗം എന്ന് വെച്ചാൽ സംബന്ധം അതിനെ നിഷേധിക്കുമ്പോൾ അസംസർഗം എന്ന് വെച്ചാൽ പിന്നെ ഗ്രഹം എന്ന് ജ്ഞാനം അതിനെ നിഷേധിക്കുന്നതാണെന്ത് ആഗ്രഹം എന്ന് വെച്ചാൽ ജ്ഞാനമില്ലാവാം രണ്ടു വാക്കിനും ഒന്നു തന്നെ പക്ഷെ സ്വർണ്ണമുള്ളടത്ത് അസംസർഗ ആഗ്രഹം എന്ന് പറയാൻ കാരണം എന്താണ് അവിടെ സംസർഗം ഉള്ളത് കൊണ്ട് അസംസരത്തെ അറിയുന്നില്ല രണ്ടാമത് വീതശങ്കടത്ത് അസംസർഗാഗ്രഹം എന്ന് പറയാനുള്ള കാരണം അവിടെ സംസർഗം ഇല്ല അതിനെ അറിയുന്നില്ല ഇല്ല എന്നുള്ള കാര്യം അറിയുന്നില്ല വീതശങ്കം എന്നിടത്ത് രണ്ടടുത്ത് സാദൃശ്യം വന്നു സാദൃശ്യം വന്നുകൊണ്ട് കാരണം ഈ സാദൃശ്യത്തെ എന്തുകൊണ്ട് പറയുന്നു കയർ കണ്ടിട്ട് സർപ്പം വന്ന് ഭ്രമിക്കും ഈ മുമ്പ് വളഞ്ഞുപൊളഞ്ഞു കിടക്കുന്ന കർ ഈ കയറിന് സർപ്പവുമായിട്ടൊരു സാദൃശ്യം ഉണ്ട് കാരണം ഇത് വളഞ്ഞുളഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് സർപ്പം തോന്നിയത് അപ്പോൾ ഭ്രമത്തിന് സാദൃശ്യം കാരണമാണ് ീതശങ്ക എന്ന് പറയുന്ന ഈ ഭ്രഹ്മ എങ്ങനെ സാദൃശ്യം കാരണമോ അതാണ് പറഞ്ഞ ഇവിടെ അസംസർഗ ആഗ്രഹം രണ്ടിടത്തും ഉണ്ടാണ് സാദൃശ്യം അപ്പോ അത് ബ്രഹ്മത്തെ എങ്ങനെയാ വയ്ക്കാൻ ഇപ്പൊ പിത്തമുള്ള ഒരാള് തനിക്ക് പിത്തമുണ്ടെന്ന് മനസ്സിലാക്കാതെ അത് പ്രധാനപ്പെട്ട കാര്യമാണ് പിത്തോണ്ടെന്നും അയാളറിയില്ല പിത്തം ഉള്ളയാള് വെളുത്ത സാധനം മഞ്ഞയായി കാണുമെന്നു അയാൾ അറിയുന്നില്ല അയാളെ നേരെ പോയി ശങ്കരം നോക്കി മഞ്ഞിരിക്കുന്നു ഇപ്പൊ ഒരാളോട് അയാൾ വേറെ ആള് പറയും ഇതാ ഒരു മഞ്ഞ ശങ്കി മറ്റേയാൾ നോക്കുമ്പോൾ അത് വെളുത്ത ശങ്കി അപ്പൊ അയാളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് മഞ്ഞസംഘ അല്ല ഇത് വെളുത്ത ശങ്കാണ് ഇന്നെന്താ ഇത് മഞ്ഞിച്ചിരിക്കുന്നത് പിത്തദോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊടുക്കുന്നത് വരെ അയാൾക്ക് ബ്രഹ്മമാണ് പിത്തദോഷം കൊണ്ടാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബ്രഹ്മ ഇനി ഒരാൾക്ക് മഞ്ഞപ്പിത്തം വന്ന് അയാൾക്ക് പഴയ അനുഭവമുണ്ട് അല്ലാതെ അയാൾ പഠിച്ചിട്ടുമുണ്ട് മഞ്ഞപ്പീത്തം വന്നയാള് ശങ്കന് നോക്കിക്കഴിഞ്ഞാൽ അത് മഞ്ഞയായി അറിയുന്നു ഇതൊക്കെ അയാൾക്ക് അറിയാം ഒരു ശങ്കി നോക്കുന്നു മഞ്ഞ നിറം കാണുന്നു പക്ഷെ അയാള് പീതശങ്കന്ന് അയാളറിയില്ല എനിക്ക് അയാൾക്ക് ബ്രഹ്മമേ വരത്തില്ല എന്തുകൊണ്ട് ക്കറിയാം ശംഖുമല്ല മഞ്ഞ ആകത്തില്ല ഞാനിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ശംഖ് മഞ്ഞായതുകൊണ്ടല്ല പിന്നെ എന്റെ കണ്ണിന് ദോഷമുള്ളതുകൊണ്ടാണ് അപ്പൊ അവിടെ ഭ്രമമില്ല ഇത് അങ്ങനെ ബോധമില്ലാത്ത ഒരാ വ്യക്തിയെ സംബന്ധിച്ചാണ് പിതശങ്ക എന്നുള്ള ഭ്രമം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവിടെ ഭ്രമമില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയാൻ ശങ്കര നോക്കിയിട്ട് പറയും ഇത് മഞ്ഞ നടത്തി കാണുകയാണ് ശങ്ക മഞ്ഞ ആയതുകൊണ്ടല്ല എൻ്റെ പിത്ത ദോഷം കൊണ്ടാണ് പറഞ്ഞാൽ അവിടെ ഭ്രമവും ഇല്ല അപ്പം എന്ന് പറയുന്നിടത്ത് അതുകൊണ്ടാണ് ഇതിന് സ്വാഭാവിക ഭ്രമം എന്ന് പറയും ഈ ഭ്രഹ്മത്തിന് പല ഉപാധികളുണ്ട് ഒന്ന് മഞ്ഞപ്പിത്തം കൊണ്ട് വെളുത്ത സാധനം മഞ്ഞയാകുമെന്നുള്ള അറിവ് അയാൾക്ക് ഉണ്ടാകാൻ പാടില്ല അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അയാൾക്കറിയില്ല മഞ്ഞപ്പിത്തത്തില് പിത്തം മഞ്ഞയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മഞ്ഞയെ കാണുന്നത് ഇങ്ങനെയൊന്നും അയാൾക്ക് അയാൾ പോയി ചങ്കല നോക്കി പീതശങ്ക മഞ്ഞ ശങ്കംന്ന് പറഞ്ഞു എന്നെ ഭ്രമം കൊടുക്കും പിന്നെ ഒരാളൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആ മഞ്ഞ എന്ന് പറയുന്നത് ശങ്കിന്റെ അല്ല നിങ്ങളുടെ മഞ്ഞ പിത്തം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊടുത്താൽ ഓ അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടർ പറയ അത് നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണ് അപ്പൊ ഭ്രമം മാറും അപ്പൊ ഭ്രമം വന്നിട്ട് മാറാൻ ഭ്രമം വരാതെ ഇരിക്കും സ്വാഭാവിക അങ്ങനെയാണ് ഒരാൾക്ക് പീതശങ്ക എന്നുള്ള ഭ്രമ പറജ്ജു സർപ്പം എങ്ങനെയല്ല അയാൾക്ക് രജ്ജു സർപ്പം രജ്ജു സർപ്പമല്ല എന്നൊക്കെ അറിയാമെങ്കിലും ഇരട്ടത്ത് കയറിടക്കുന്നുണ്ടെലപ്പോ അയാൾക്ക് എന്താണ് കയറല്ല സർപ്പം എന്നൊക്കെ അറിയാമെങ്കിലും ഇരുട്ടത്ത് കയറിടുന്ന അയാൾക്ക് തോന്നും സർപ്പാണെന്ന് അവിടെ ബ്രഹ്മം ഉണ്ടാകാം എങ്ങനെ കയറ് വേറെ സർപ്പം വേറെ എന്നൊക്കെ നല്ല അറിവുള്ള ഒരാണെന്ന് ഒരാണോ കയറുകൾ സർപ്പബ്രഹ്മുണ്ടാകാം ഇവിടെ എങ്ങനെയല്ല വിധ ശാസ്ത്രങ്ങളൊക്കെ അറിയാമെങ്കിൽ അയാൾക്ക് ബ്രഹ്മം ഉണ്ടാകത്തില്ല അറിയാത്തവനെ ബ്രഹ്മം ഉണ്ടാകത്തില്ല അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുന്നെങ്കിൽ ഈ അസംബന്ധാഗ്രഹം ഇനിയും വരും പ്രഭാകര പക്ഷം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഇത് ശരിക്കും മനസ്സിലാക്കി ഇത് ഓരോ ഭാഗങ്ങളും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ കുറെ സൈഡിൽ കൂടുതലായിട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ല മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ കുറേശായിരുന്നത് പിന്നെ കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ചർച്ച നടത്തുക ചർച്ച കടത്തുന്ന ഏറ്റവും നല്ലത് പിന്നെ വീണ്ടും കേൾക്കുക വീണ്ടും കേൾക്കുക കട്ടിയെന്ന് തോന്നിയാൽ വീണ്ടും കേൾക്കുക വീണ്ടും കട്ടിയാണെങ്കിൽ വീണ്ടും കേൾക്കുക കട്ടിമാറുന്നതുവരെ എന്തു ചെയ്യണം കേട്ടോണ്ടിരിക്കും ഞാൻ മനസ്സിലാകും കാരണം മനസ്സിലാക്കാത്ത ഒരു സാധനമൊന്നുമല്ല പിന്നെ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ ഭാഗങ്ങൾ ഇതുമായിട്ട് ചേർത്തുകൂടെ ചർച്ച ചെയ്തു അല്ലെങ്കിൽ പഴയത് പറഞ്ഞൊക്കെ അങ്ങ് പോവും ഇത് മനസ്സിലാക്കിയാലും അതും ഇത് തമ്മിലുള്ള ബന്ധമൊക്കെ അങ്ങ് പോകും ഇതെവിടുന്നാ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അപ്പൊ ചർച്ച ചെയ്യുമ്പോൾ പഴയത് കുറച്ച് ബാക്കിന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഏർ സ്വർണത്തിൽ അവിടെ ഭ്രമവും ഇല്ല സ്വർണം കാണുമ്പോൾ അവര് സ്വർണത്തെ മഞ്ഞയായി കാണുന്ന അവിടെ ഭ്രമവും ഇല്ല സ്വർണ്ണ മഞ്ഞ ആയതുകൊണ്ട് എല്ലാത്തിനെയും മഞ്ഞായിട്ടേ കാണും സ്വർണത്തെ കണ്ടാലും എന്തേ കാണോ മഞ്ഞ കാരണം അവിടെ ഭ്രമമില്ല കാരണം സ്വർണം മഞ്ഞ ആയതുകൊണ്ട് അവിടെ അവന് പിത്തമുണ്ട് ദോഷമുണ്ടാവും മഞ്ഞായിട്ട് തന്നെ കാണും പക്ഷെ ഭ്രമം എന്ന് പറഞ്ഞാൽ എന്താണോ അതല്ലാത്തതിൽ അത് കാണും വെളുത്തയിൽ മഞ്ഞ കണ്ടാലൊരു ഭ്രമം വരത്തു അല്ലാതെ മഞ്ഞയിൽ മഞ്ഞ കണ്ട ദോഷമൊന്നുമില്ല അവന് വേറെ ഒന്നും പിത്തമുണ്ടെന്നുള്ളത് അവൻ്റെ കാര്യം പക്ഷെ അവന്റെ അനുഭവം എന്താണോ കറക്റ്റാണ് ഇവിടെ വരുന്നത് ഈ അസംബന്ധ ആഗ്രഹം എന്ന് പറയുന്നതിന് ശരിക്കും മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു പോർഷൻ അതാണ് ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം അത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് അസംബന്ധ ആഗ്രഹം രണ്ടിടത്തും വരുന്നത് കാരണം സ്വർണത്തിൽ യഥാർത്ഥമായ ജ്ഞാനമാണ് ശങ്കിൽ ഭ്രമമാണ് പക്ഷെ രണ്ടിടത്തും ഒരുപോലെ ഇരിക്കുന്നു എന്ത് അസംബന്ധ ആഗ്രഹം ഇതെങ്ങനെ വരുന്നു എന്നുള്ള ഇതൊരു ട്രിക്കാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എന്താണ് പഴയ കാലത്തെ ചിന്ത ആയിരിക്കുക ഇവരോട് ഉപയോഗിക്കുന്ന ഒരു യുക്തിയാണ് യുക്തിയിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് പക്ഷെ ഇവിടെ ഈ കാര്യത്തെ മനസ്സിലാക്കേണ്ട യുക്തിയിലൂടെ അല്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുനിഷ്ഠമായി അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പക്ഷെ പഴയകാലത്ത് അങ്ങനെ വസ്തുനിഷ്ഠമായി അറിയുന്നതിനുള്ള മാർഗമില്ല സയൻസില്ല പണ്ടവരെല്ലാ സ്ഥലത്തും എന്ത് ഉപയോഗിക്കും യുക്തി പറഞ്ഞിട്ട് അതിന് സമാധാനിക്കാം യുക്തി അനുസരിച്ചത് ശരിയാണ് അത് ഇന്നത്തെ രീതിയിൽ നോക്കുമ്പോൾ അതൊരു പോരായ്മയാണ് എല്ലാ യുക്തി കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല തത്വചിന്തയിലാ യുക്തിയൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്നു താർക്കിക യുക്തികളൊക്കെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ യുക്തി ഉപയോഗിച്ചാൽ ശരിയാകും അതായത് നമുക്ക് ഒരു തലവേദനയാണ് നമ്മുടെ യുക്തി ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണോ തലവേദന ഒന്ന് വെയിലടിച്ചിട്ടായിരിക്കും അത് യുക്തിയാണ് അല്ലേ അപ്പോ യുക്തി കൊണ്ട് നോക്കിട്ട് ചികിത്സിച്ച അപകടമാണ് ഇപ്പം നമുക്ക് നമ്മൾ തോന്നും നമ്മൾക്ക് തോന്നും അത് പേരിടിച്ചിട്ടുണ്ട് ഒരാൾ പറയും അങ്ങനെയല്ല ഇപ്പോൾ ഇവിടെയൊക്കെ തലവേദന ഒരുപാട് പേർക്കുണ്ട് ആ തലവേദന പകർന്നാണ് പലർക്കും പല വ്യക്തിയായിരിക്കും നമ്മൾ ചികിത്സിക്കും ആ സമയം ശരിക്കും അതെന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം ഓരോ ഡോക്ടറെ കൊണ്ട് അയാൾ പറയുന്ന പരിശോധന നടത്തി തലയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ അത് ട്യൂമറായിരിക്കും ചിലപ്പോൾ മൈഗ്രെയിനായിരിക്കും അതിന് ചികിത്സിക്കണം അതെന്താണ് വസ്തുനിഷ്ഠമായ പഠനമാണ് യുക്തിയല്ല അത് ഡോക്ടറി യുക്തിയൊക്കെ ഉപയോഗിക്കും പക്ഷെ അത് അതാണ് ഒബ്ജക്റ്റീവ് സ്റ്റഡി എന്ന് പറയും കേവല യുക്തിയാണ് നമ്മൾ സാറിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് വേണം വസ്തുനിഷ്ഠമായ പഠനത്തിലൂടെ എന്താണ് സംഗതി എന്ന് കണ്ടുപിടിച്ച് അതിന് ചികിത്സിക്കുക ഇതാണ് ഇപ്പോൾ പണ്ടെങ്ങനെയല്ല എന്താ ചെയ്യുന്നത് കേവല യുക്തി മാത്രമാണ് അവർ ചികിത്സ വസ്തുനിഷ്ഠമായി പഠനം നടത്താനുള്ള സൗകര്യം ഇതാണ് ആയുർവേദവും അലോപ്പതിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് സയൻസും തത്വവിന്തിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വസ്തുനിഷ്ഠമായ പഠനങ്ങൾ കുറവാണ് പിന്നെ ഇന്ന് ആയുർവേദ താരം എന്ത് ചെയ്യും അവര് സ്കാൻ ചെയ്യും അവര് സ്കാൻ ചെയ്യിച്ച് എന്താണ് തകരാറെന്ന് അതുപോലെ തന്നെ ഇന്നും ഇതൊക്കെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും ഇതിന്റെ കൂടെ കുറെ സയൻസുകൂടെ ചേർത്തു ആ സയൻസിൽ പറഞ്ഞാണ് ഈ പറഞ്ഞു ഇവിടെ പറഞ്ഞാണ് അവരെ പറഞ്ഞാൽ പറയും ഇത് യോജിക്കത്തില്ല രണ്ട് രണ്ടാണ് ഇതൊക്കെ തത്വചിന്താപരമായ യുക്തികളാണ് പറയുന്നത് സയൻസിൽ വരുന്ന യുക്തി വേറെയാണ് സയൻസിന്റെ മെത്തഡോളജി വേറെയാണ് അതുകൊണ്ട് എന്തുകൊണ്ട് മഞ്ഞ ശങ്കായിരിക്കും മഞ്ഞ പിത്തേ മലയാളം മഞ്ഞെ സംഘമായിരിക്കുന്നു എന്നു പറയുന്നത് അവൻ്റെ ഒരു വ്യക്തി പറയാണ് അസംസർക്ക് ആഗ്രഹം ഇതുകൊണ്ട് അവന് സമാധാനം ശരിക്കും ആകത്തില്ല അതാകണമെങ്കിൽ എന്തു വേണം എങ്ങനെയാണ് ഈ ബെൽ റോമിൻന്ന് പറയുന്ന സാധനം അതെന്താണ് അതിൻ്റെ സ്വഭാവം എന്താണ് അത് നമ്മുടെ റെട്ടിനയിൽ വന്ന് എങ്ങനെയാണ് കണ്ണിൻ്റെ പ്രവർത്തനം ഇതിന് മാറ്റം വരുന്നു എന്തുകൊണ്ടപ്പോൾ എന്ത് വരുന്നു നമ്മുടെ ഇമേജുകളിൽ എങ്ങനെ അതിനെ സ്വാധീനിക്കുന്നു ബ്രെയിൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് അതൊക്കെ വേറെ രീതിയിൽ പഠിക്കും അങ്ങനെ പഠിച്ചാലേ എന്തുകൊണ്ട് മഞ്ഞപ്പിത്തക്കാരൻ മഞ്ഞയായി കാണുന്നു എന്നുള്ളതിന് ശരിയായിട്ടുള്ള സമാധാനം അവിടെ കിട്ടത്തു ഇത് പിന്നെ പഴയ ഒരു സിദ്ധാന്തം എന്നുള്ള രീതി നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് പക്ഷേ രണ്ട് രീതിയിലായിരിക്കും ശരി ഒരു കാര്യം വാസ്തവമാണ് പണ്ടുള്ള ആൾക്കാരും ഇന്നുള്ള ആൾക്കാരും എന്ത് ചെയ്യും മഞ്ഞപ്പിത്തം ബാധിച്ചാൽ ചിലപ്പം കാണും അതിന് മാറ്റം എങ്ങനെയും എന്നുള്ളടത്താണ് വിശദീകരണമെന്ന് വ്യത്യാസം